മൂസ അലിഹിസലാം തൻറെ ജനതയ്ക്കായി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക അപ്പോൾ നാം പറഞ്ഞു നിന്റെ വടികൊണ്ട് ആ പാറയിലടിക്കുക അങ്ങനെ അതിൽ നിന്ന് പന്ത്രണ്ടുറവകൾ പൊട്ടിത്തെറിച്ചു ഓരോ വിഭാഗവും തങ്ങളുടെ കുടിവെള്ളം എവിടെ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു അള്ളാഹുസുബഹാനഹുവത്തെ ആല നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക ഭൂമിയിൽ നാശമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ കുസൃതി കാണിക്കരുത്